നാം നിങ്ങൾക്ക് മേഘത്തണൽ നൽകുകയും മന്നും സൽവായും ഇറക്കിത്തരികയും ചെയ്തു നാം നിങ്ങൾക്ക് നൽകിയ നല്ല വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്ന് നാം പറഞ്ഞു അവർ ഞങ്ങളെ അക്രമിച്ചതല്ല മറിച്ച് അവർ സ്വന്തം ശരീരത്തോടെ അക്രമം കാണിക്കുകയായിരുന്നു